പറയുക അള്ളാഹുസുബഹാനഹൂവറ്റ ആല ഒഴികെ ഞങ്ങൾക്കുപകാരവും ദോഷവും ചെയ്യാൻ കഴിയാത്തവരെ ഞങ്ങൾ വിളിക്കണമോ അള്ളാഹുസുബഹാനഹൂവറ്റ ആല ഞങ്ങളെ നേർവഴിയിലാക്കിയ ശേഷം ഞങ്ങൾ വീണ്ടും പിന്നോട്ടു പോകണമോ ഭൂമിയിൽ പിശാചുക്കൾ വശീകരിച്ച ഒരുവനെപ്പോലെ അവൻ ആശയക്കുഴപ്പത്തിലായിരിക്കേ ഞങ്ങളുടെ അടുത്തേക്ക് വരുവെന്ന് അവനെ നേർവഴിയിലേക്ക് വിളിക്കുന്ന കൂട്ടുകാർ അവനുണ്ടാകും പറയുക അള്ളാഹുസുബഹാനഹൂവറ്റ ആലയുടെ ഹിതായത്തു മാത്രമാണ് യഥാർത്ഥ നേർവഴി ലോകരക്ഷിതാവിന് കീഴ്പ്പെടാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു